ദേവനാമത്തെ മഹത്വം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കാം ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ എന്താ വീത് ഒരു കാര്യമാണ് പറയുന്നത് ഒരു കൊട്ടേഷനിലാണ് അത് തുടങ്ങുന്നത് എൻ്റെ മുഖം അന്വേഷിപ്പീൻ അതാരാണ് പറയുന്നത് ദൈവം ആ ദൈവം പറയുന്നു എൻ്റെ മുഖം അന്വേഷിപ്പി അതൊരു കൽപ്പനയാണ് ആ എട്ടാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ദൈവത്തിൽ നിന്ന് വന്ന ഒരു കൽപ്പനയെക്കുറിച്ച് പറയുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമോ രണ്ടാമത്തെ ഭാഗം സങ്കീർത്തനക്കാരൻ്റെ സന്നദ്ധതയെക്കുറിച്ചാണ് പറയുന്നത് സങ്കീർത്തനക്കാരൻ എന്ത് പറയുന്നു ആ കല്പനയുടെ മുമ്പാകെ താൻ തന്നെ തന്നെ താഴ്ത്തി യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു എന്ന് പറയുന്നു നമ്മളിന്ന് പാടിയ ഒരു പാട്ടിലും ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമല്ല സങ്കീർത്തനക്കാരൻ്റെ ഇവിടെ പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതകാലമെല്ലാം നിൻ്റെ മുഖം അന്വേഷിക്കും എന്ന് പറയുക അങ്ങനെ പറയാനുള്ള കാരണം എന്താ ദൈവത്തിൽ നിന്നൊരു കൽപ്പന വന്നു ദൈവത്തിൽ നിന്നൊരു കൽപ്പന വന്നു എൻ്റെ മുഖം അന്വേഷിക്കാനായിട്ടൊരു കല്പന വന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അപ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട് നമ്മുടെ സംസ്ഥാനം വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഒരു നൂറ് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം ഏറ്റവും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു അങ്ങനെ പോകുമ്പോൾ ഈ സംഭവങ്ങളിലൂടെയെല്ലാം ദൈവമെന്താ നമ്മളോട് കൽപ്പിക്കുന്നത് ദൈവം പറയുന്നത് മാനവരാശിയോട് പറയുന്നത് ആളുകളോട് പറയുന്നത് നമ്മളോട് പറയുന്നത് എൻ്റെ മുഖം അന്വേഷിപ്പി എന്നാണ് ദൈവം വാക്കും ഭാഷണവും കൂടാതെ ഈ സംഭവങ്ങളിലൂടെ ദൈവം പറയുന്നത് ദൈവം ദൈവം അരുളി ചെയ്തു എന്നൊക്കെ ചിലർ പറയാറുണ്ട് എനിക്ക് ഞാനങ്ങനെ കേട്ടു അതൊക്കെ ശരിയായിരിക്കാം എങ്കിലും സാധാരണ നിലയിൽ ദൈവം അങ്ങനെ അങ്ങനെ താൻ തന്നെ അങ്ങനെ സംസാരിക്കുന്നത് വളരെ വിരളമാണ് സാഹചര്യങ്ങൾ സംഭവങ്ങൾ ഇതിലൂടെ ദൈവം സംസാരിക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന ഈ നിലയിലുള്ള പ്രയാസങ്ങൾ ഒരുപക്ഷെ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത വിധമുള്ള പ്രയാസങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോയത് നമ്മൾ എത്ര കാരണ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയാണ് പലപ്പോഴും കിടന്നുറങ്ങുന്നത് കിടന്നുറങ്ങും രാവിലെ എഴുന്നേൽക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ രാത്രിയിൽ പെട്ടെന്ന് അനർത്ഥം വന്ന് പല വീടുകളെയും മൂടിക്കളഞ്ഞു പലരും ജീവിതത്തിൽ ഇതേവരെ ഇല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്നു നമ്മളെത്ര ചിന്തയില്ലാതെയാണ് വണ്ടി ഓടിച്ച് ഈ റോഡിലൂടെ ഒക്കെ പോകുന്നത് നമ്മളെ ദിവസവും ഈ വഴിയിലൂടെ ഒക്കെ തന്നെയാണ് പോകുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു വഴിയുണ്ടോ ഇതിലൂടെ പോകാൻ എന്നുള്ള പേടിയോടെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് ഇങ്ങനെ ഭീതിജനകമായ ഇതുവരെ ഉണ്ടാകാത്ത ഒട്ടേറെ സംഭവങ്ങളിലൂടെ ദൈവം സത്യത്തിൽ എന്താ നമ്മളോട് അല്ലെങ്കിൽ കേരളക്കരയോട് നമ്മളോട് പറയുന്നത് എന്താ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എൻ്റെ മുഖം അന്വേഷിപ്പീൻ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് ഈ സംഭവങ്ങളിലൂടെ ദൈവം ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് പോയത് നിങ്ങളെ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്നൊരു കൽപ്പന വന്നു ഇങ്ങനെ കൽപ്പന വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു അതിനോട് ധനാത്മകമായിട്ട് താനെ പ്രതികരിക്കുന്നതാണ് കാണുന്നത് താനെന്താ പറയുന്നു യഹോബീ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ് ഉടനെ തന്നെ വളരെ സന്നദ്ധതയോടെ സങ്കീർത്തനക്കാരൻ പറയുക യഹോവി ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു എൻ്റെ മുഖം അന്വേഷിപ്പീനിന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്നെൻ്റെ ഹൃദയം പറയുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് ലോകമനുഷ്യർ ഈ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് പക്ഷേ ഒരു ദൈവഭക്തൻ്റെ ഹൃദയം അവനോട് പറയുന്നത് ഇത് ദൈവം എൻ്റെ മുഖം അന്വേഷിപ്പിണെന്ന് ആവശ്യപ്പെടുകയാണ് എന്നുള്ള കാര്യം എൻ്റെ ഹൃദയം പറയുന്നു ഉടനെ ആ ദേവഭക്തൻ അതിനോട് പ്രതികരിക്കുക അതേ ദൈവമേ ഞാൻ നിൻ്റെ മുഖം നിൻ്റെ മുഖം ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറയും പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് വളരെ വേഗത്തിലെ ചില കാര്യങ്ങൾ നോക്കാം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ഇന്ന് കടന്നു പോലെയുള്ള വലിയൊരു പ്രകൃതിക്ഷോഭത്തെക്കുറിച്ചോ മറ്റോ ആ നിലയിൽ പറയുന്നില്ലെങ്കിലും വലിയ പ്രയാസത്തിൻ്റെ മധ്യത്തിലാണ് താൻ പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങളുടെ മധ്യത്തിലാണ് തനിക്ക് എൻ്റെ മുഖം അന്വേഷിപ്പിന് എന്ന് ദൈവത്തിൽ നിന്ന് കൽപ്പന വന്നു എന്നുള്ള കാര്യം സങ്കീർത്തനക്കാരന് ബോധ്യമാകുന്നു ദാവീദിൻ്റെ സങ്കീർത്തനമാണല്ലോ ദാവിദിൻ്റെ ഈ സങ്കീർത്തനം തുടങ്ങുന്നത് വളരെ വളരെ ഒരു വെല്ലുവിളിയോടെയാണ് എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത് എഹോ എൻ്റെ വിളിച്ചവും എൻ്റെ ലക്ഷ്യവുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും ഞാൻ ആരെ ഭയപ്പെടും ഒരു വെല്ലുവിളിയാ ഞാൻ എനിക്കാരെയും പേടിയില്ല ചിലർ പറയില്ലേ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല എപ്പോഴാ അത് പറയുന്നത് എന്തോ പേടിക്കാവുന്ന സാഹചര്യം ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ എന്തോ ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗത്താണ് ഈ ആൾ പറയുന്നത് എനിക്കാരേയും പേടിയില്ല എന്ന് പറയും എന്ന് പറയുന്നത് പോലെ സങ്കീർത്തനക്കാരൻ ഞാൻ ആരെ ഭയപ്പെടും എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു വാക്കാണെങ്കിലും താനങ്ങനെ പറയാനുള്ള സാഹചര്യം അതിൻ്റെ താഴെ രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ എന്താ എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ അവരെൻ്റെ മാംസം തിന്നുവാനെന്നോട് അടുക്കുന്ന ഒരു ഘട്ടമാണിത് ദാവീതിൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ നിരന്തരം രാജാവാകുന്നത് വരെ രാജാവായതിനു ശേഷവും എത്രയോ വട്ടം താന് ശത്രുക്കളെ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ആളായിരുന്നു എൻ്റെ വൈരികളും എൻ്റെ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ അവരുടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ നിൻ്റെ മാംസം തിന്നും ഏ ഒരുതരം നരഫോജികളെല്ലാം കൂടെ തന്നെ വളഞ്ഞിരിക്കുന്ന പോലെയാണ് തനിക്ക് തോന്നുന്നത് അവിടെ കാര്യങ്ങൾ തീർന്നില്ല ഒരു സൈന്യം രാവിലെ പ്രവാചക ശിഷ്യൻ നോക്കിയപ്പോൾ ഒരു സൈന്യം അവർക്കെതിരെ പാളയം ഇറങ്ങി എന്ന് കണ്ട് അവനെ പേടിച്ച് പ്രവാചകനോട് ചെന്ന് പറഞ്ഞപ്പോൾ സംഭവം നമുക്കറിയാം ഇന്ന് പറഞ്ഞതുപോലെ ദാവീദ് രാവിലെ രാവിലെ എഴുന്നേറ്റ് കണ്ണൊക്കെ തുടർന്ന് നോക്കിയപ്പോൾ ഒരു സൈന്യം തനിക്കെതിരെ പാളയമിറങ്ങിയിരിക്കുകയാണ് താനൊരു മനുഷ്യൻ തനിക്കെതിരെ സൈന്യം പാളയം ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത് മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമോ എനിക്ക് യുദ്ധം നേരിട്ടാലും അപ്പോൾ ഒരു യുദ്ധം അവിടെയുണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഞാൻ നിർഭയമായിരിക്കും ഞാൻ പേടിക്കുകയില്ല എന്നൊക്കെ താൻ തൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും തൻ്റെ മുമ്പിൽ കാണാവുന്നതായിട്ട് ദൃശ്യമായിട്ടുള്ളതെന്താ ദൃശ്യമായിട്ടുള്ളത് അവർ ഭീഷണി പറഞ്ഞുകൊണ്ട് നിൻ്റെ മാംസം തിന്നും എന്ന് പറഞ്ഞ് ശത്രുക്കളും വൈദികളുമായ ദുഷ്കർമ്മികൾ എനിക്ക് എൻ്റെ നേരെ വരുന്നതും അതുപോലെ തന്നെ എനിക്കെതിരെ ഒരു സൈന്യ പാളയം ഇറങ്ങിയിരിക്കുന്നതും യുദ്ധത്തിൽ ശരിക്കും ഒരു യുദ്ധത്തിൽ ഞാൻ പെട്ടുപോയതും ഒക്കെയാണ് താനെ കാണുന്നത് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നിപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളും പല ദുരന്തങ്ങളും ഇതെല്ലാം നമുക്ക് നേരെ വരുമ്പോൾ ദാ സങ്കീർത്തനക്കാരനും ആ നിലയിലുള്ള പ്രതികൂലമായ പ്രതിക്ഷോഭങ്ങളായിരിക്കില്ല പക്ഷേ പ്രതികൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ വന്നു അതിൻ്റെ മുമ്പിൽ താൻ ഒരു കാര്യം കേട്ടു എന്താ ഇതെല്ലാം പറയുന്നത് എന്താ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്നുള്ള നിൻ്റെ കൽപ്പനയാണ് ഈ പ്രാതികൂല്യങ്ങളിലൂടെ എന്നോട് അത് വാക്കും കൂടാതെ സംസാരിക്കുന്നത് എന്ന് ദാവീത് കേട്ടു നാം ആ നിലയെ കേൾക്കുന്നുണ്ടോ അപ്രതീക്ഷിതമായി ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇതേ വരെ ഇല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ആളുകൾ പേടിയോടെ എങ്ങനെ എങ്ങനെ കഴിയും എത്രയോ പേര് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ച് ഞാനേ കഴിഞ്ഞ ദിവസം 75 അഞ്ച് വയസ്സുള്ള എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു പിതാവ് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു പിതാവ് വെള്ളം കയറി വരുന്നത് കണ്ടപ്പോൾ താനും 72 വയസ്സുള്ള തൻ്റെ ഭാര്യയും കൂടെ മുകളിലത്തെ നിലയിലേക്ക് കയറി ബൂഴിലത്തെ നിലയിൽ അവിടെയെങ്കിലും വെള്ളം വന്നിട്ടില്ല പക്ഷേ വെള്ളം വന്നു വന്നു ബൂഴിലത്തെ നിലയിലും വരുന്ന ഒരു ഘട്ടമായപ്പോൾ അവർ പലരെ വിളിക്കുക പലരെ വിളിക്കുക എന്ന് തന്നെയല്ല ഡയബറ്റിക്ക് ആണ് ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി വിളിക്കുകയാണ് ആ അവരുടെ ആൾക്കാരെ എന്നെ വിളിച്ചു ഞാൻ വിചാരിച്ചാൽ പത്രത്തിലൂടെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെന്ന് വിചാരിച്ച് ഞാനതിൻ്റെ ബന്ധപ്പെട്ടവരെ വിളിച്ചപ്പോൾ അവരത് സർക്കാരിന് ആ മെസ്സേജ് കൊടുത്തു ഇന്നിപ്പോഴു ദിവസമായി അഞ്ച് ദിവസമായിട്ടും അവരെ ഇതേവരെ മോചിപ്പിച്ചിട്ടില്ല ഇതൊരു കഥയല്ല നമ്മൾ കണ്ടതും തൊട്ടതും നമ്മുടെ നാട്ടിൽ നടന്നതും ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ അപ്രതീക്ഷിതമായി ഈ നിലയിൽ നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കൾ അവരെക്കുറിച്ചുള്ള ഉത്കണ്ഠയോടെ വിദേശങ്ങളിൽ നിന്ന് മക്കൾ വിളിക്കുന്നു ഇങ്ങനെയെല്ലാം ഇതേ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള വളരെ പാനിക്കായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു ഇതിലൂടെ എല്ലാം ദൈവം എന്താ പ്രിയപ്പെട്ടവരെ പറയുന്നത് എൻ്റെ മുഖം അന്വേഷിപ്പീൻ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ ഇത് പറയുമ്പോൾ ദൈവമാണോ സത്യത്തിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് ആപത്തുകളും അനർത്ഥങ്ങളും പെട്ടെന്നുണ്ടാകാവുന്ന ദുരന്തങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട് അത് ഇതിന് തൊട്ടു മുമ്പുള്ള സങ്കീർത്തനങ്ങൾക്ക് തൊട്ടു മുമ്പുള്ള ഇയോബിൻ്റെ പുസ്തകമാണ് അവിടെ ഇത്തരം ദുരന്തങ്ങളുടെ പിന്നിലുള്ള അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിനെ മറനീക്കി കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഇയോബിൻ്റെ പുസ്തകം ഇയോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നോ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇയോബിൻ്റെ അടുത്ത് ഒരു ദൂതൻ ഓടി വന്ന് പറയുന്നു ഒന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം പതിനാലാമത്തെ വാക്യത്തിൽ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു ഊസ് ദേശത്തുള്ള വളരെ ധനികനും നിഷ്കളങ്കനും ദൈവഭക്തനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായ യോബ് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുള്ള ആ നിലയിൽ കുഞ്ഞുങ്ങളുടെ തലമുറകളെ കൊണ്ടും അനുഗ്രഹീതനായ ഒരു ദൈവഹൃദ്യൻ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നത് അവന് ഏഴായിരം ആടും മൂവായിരം ഒട്ടകവും അഞ്ഞൂറേർ കാളയും അഞ്ഞൂറ് പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു ഈ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ കിഴക്കൻ ദേശത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക പ്രധാനമായ നാടിനെ സംബന്ധിച്ചിടത്തോളം മൃഗസമ്പത്തും എത്ര ഒട്ടകമുണ്ട് എത്ര ആടുണ്ട് ആ എത്ര കാളയുണ്ട് എത്ര പെൺകഴുതയുണ്ട് ഇതൊക്കെയാണ് ഒരാളുടെ അയാളുടെ സമ്പത്തിനെ നിർണയിക്കുന്ന ഘടകം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം താൻ ആ നാട്ടിലെ ഏറ്റവും ധനികനും സമ്പന്നനും ഒരു പ്രയാസവും ഇല്ലാത്തവനുമായ ആളായിരുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴിതാണ് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതം എന്നല്ലതിനെ വിളിക്കേണ്ടത് ദുഷ്പ്രഭാതം എന്നാണ് വിളിക്കേണ്ടത് ഏഹ് അങ്ങനെ ഒരു പ്രഭാതത്തിൽ ഇതാ ഒരാൾ ഓടി വന്ന് പറയുക എന്താ പറയുന്നത് നമ്മളിപ്പോൾ വായിച്ച വാക്യം യോവിൻ്റെ ഒന്നിൻ്റെ പതിനാല് വന്ന് പറയുക ആ അവിടെ കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യായിരുന്നു അപ്പം ശെബായിര് വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോവുകയും ദാസന്മാരും ധാരാളം ഉണ്ടായിരുന്നു യ്യോവിന് അവരിൽ കുറേ വേലക്കാരെ വാളിൻ്റെ വായിത്തലയാൽ വിട്ടിക്കൊല്ലുകയും ചെയ്തു ഇവർ സംസാരിച്ചു നിൽക്കുമ്പോൾ ഇതാ അതിൻ്റെ പതിനാറാമത്തെ വാക്യം പതിനാറാമത്തെ വാക്യത്തിൽ വേറൊരുത്തൻ വന്നു ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിൻ്റെ ഇരയായിപ്പോയി വിവരമറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു ആദ്യം ശേബായിര് വന്ന് ആ നിലയിൽ കാളയെയും കഴുതയും പിടിച്ചുകൊണ്ട് പോവുകയാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവം അതിനോട് ചേർന്ന് തന്നെ എന്ത് സംഭവിച്ചു ഇത് ശത്രുക്കളുടെ രണ്ടാമത്തെ സംഭവം ശത്രുക്കളുടെ ഒരു ചെയ്തിയല്ല മറിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ തീ വീണ് കത്തി എന്ന് വേലക്കാരൻ ദാസൻ വന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ പൂർവ്വദേശത്തൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള പെട്ടെന്നുള്ള ഒരു ഇടിമിന്നലോ ആ മിന്നലിനെ തുടർന്ന് ഒരു തീ തന്നെ വീണ് അങ്ങനെ എന്ത് സംഭവിച്ചു ആടുകളും കുറേ വേലക്കാരും കത്തിപ്പോയി കത്തിപ്പോയി ഞാനൊരുത്തൻ മാത്രം രക്ഷപ്പെട്ട് നിന്നെ അറിയിപ്പാനായിട്ട് വന്നിരിക്കും രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മൂന്നാമതീതാ അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ വേറൊരാൾ വന്ന് പറയുന്നു പിന്നീടുള്ളതെന്താ ആടുകൾ ആടുകൾ പോയി അതിനു മുമ്പ് കാളയും കഴുതയും പോയി പിന്നീട് കുറച്ച് ഒട്ടകം ഉണ്ടായിരുന്നു ആ ഒട്ടകത്തെ കൽതായർ വന്ന് പിടിച്ചുകൊണ്ട് പോയി വേലക്കാരെ വാളിൻ്റെ വായിത്തലയാൽ വെട്ടിക്കൊന്നു എന്നാ പറയുക കണ്ടോ ആദ്യം ശത്രുക്കളുടെ ശല്യം ശബായര് വന്ന് പിടിച്ചുകൊണ്ട് പോയി പെൺ പെൺകുഴുതകളെയും കാളകളെയും പിടിച്ചുകൊണ്ട് പോയി രണ്ടാമത് പ്രകൃതിക്ഷോഭത്തിൻ്റെ ഇടിമിന്നൽ മൂലം ഉണ്ടായ നാശം തൻ്റെ ആടുമാടുകളെ നശിച്ചു പോയി മൂന്നാമത് പിന്നെയും എന്ത് സംഭവിക്കുന്നു ശത്രുക്കളുടെ ശല്യം ഇത്തവണ വന്നത് ശബായരല്ല കൽദായരാണ് അവർ വന്ന് ഒട്ടകമുണ്ടായിരുന്നു അതിനെ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതാ അവിടെ നിന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പതിനെട്ട് പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താ ഓ യോബിൻ്റെ പത്ത് പത്ത് കുഞ്ഞുങ്ങളും ഒന്നിച്ചൊരു വീട്ടിലായിരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്ന് പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ നാല് മൂലയ്ക്കും അടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണു അവർ മരിച്ചുപോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു ഒടുവിലായിട്ട് സംഭവിക്കുന്നത് ഇതാ ഒരു കൊടുങ്കാറ്റാ കൊടുങ്കാറ്റെന്ന് പറയുമ്പോൾ അതിപ്പോൾ ടൊണ്ണാട ഒന്നും ഒക്കെ പറഞ്ഞ് പുതിയ പുതിയ പലതരത്തിലുള്ള അതിനെക്കുറിച്ചുണ്ട് വീടിൻ്റെ നാല് മൂലയ്ക്കും പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വന്ന് അടിച്ചു ഇത് വീട് പോയി പത്തുപേരും മരിച്ചുപോയി എന്നുള്ള ഒരു കാര്യമാണ് കണ്ടോ ശബായര് വരുന്നു ഇടിമിന്നൽ വരുന്നു കൽതായർ വരുന്നു കൊടുങ്കാറ്റ് വരുന്നു ഒന്ന് കഴിയുമ്പോൾ ഒരു ശത്രുശല്യം കഴിയുമ്പോൾ ശത്രുക്കളുടെ ഭീഷണി കഴിയുമ്പോൾ പ്രകൃതി ദുരന്തം പ്രകൃതി ദുരന്തം കഴിയുമ്പോൾ പിന്നെയും ശത്രുക്കളുടെ ശല്യം ശത്രുക്കളുടെ ശല്യം കഴിയുമ്പോൾ പിന്നെയും പ്രകൃതി ദുരന്തം കാ കൊടുങ്കാറ്റ് നേരത്തെ ഇടിമിന്നലാണെങ്കിൽ ഇത്തവണ കൊടുങ്കാറ്റ് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുക കാര്യങ്ങളിങ്ങനെ നടക്കുമ്പോൾ നമുക്കറിയാം നമുക്കെന്താ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല യോബ് എഴുന്നേറ്റ് യ്യോബിൻ്റെ ജീവിതത്തിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആ അവന് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ വരുമ്പം യോപിനെ വല്ലാത്ത പരിക്കള് ബാധിച്ചു പരിക്കള് ബാധിച്ചു രോഗം രോഗം അത്യാഹിതം പോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നീക്കുപോക്കില്ലാത്ത ഒരു രോഗം അത് ഉള്ളങ്കാൽ മുതൽ നെറുക വരെ അവനെ ബാധിച്ചു അങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളും മരിച്ചുപോയി സമ്പത്തും ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു ദാസന്മാരും ഇല്ലാതായി അവസാനം താനും ഭാര്യയും മാത്രം അവശേഷിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയും വന്ന് അവനോട് പറയുക നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു കണ്ടോ ഇവിടെ അവനെ സംബന്ധിച്ചിടത്തോളം അയ്യോപിനെ സംബന്ധിച്ചിടത്തോളം രോഗവും വന്ന് തനിക്ക് അതിൽ നിന്ന് എപ്പോൾ വിടുതൽ കിട്ടുമെന്നും അറിഞ്ഞുകൂടാതെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജീവിത പങ്കാളി അവനെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം അവളും വന്നെന്താ പറയുന്നത് അവൾ വന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് നീ ഇനിയെന്തിന് ഭക്തി മുറുക പിടിച്ചോണ്ടിരിക്കുന്നത് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളകാം അങ്ങനെ ദൈവത്തെ ത്യജി പറഞ്ഞ് മരിച്ചു കളഞ്ഞാൽ ഏതാണ്ടോ ഇതിന് വിടുതൽ കിട്ടുമോ ഇല്ല ഇത് നമ്മൾ പലപ്പോഴും യ്യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് നമുക്കൊരു വലിയ മതിപ്പൊന്നുമില്ല യോബ് ഏ നമ്മൾ ഓർക്കണം പത്ത് കുഞ്ഞുങ്ങൾ മരിച്ചു പോയത് കണ്ട ഒരു അമ്മയാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവൾ എന്താ പറയുക അവൾ വലിയ നിരാശയിൽ പെട്ടുപോയി നിരാശയിൽപ്പെട്ടുപോയി നിരാശയിൽ പെട്ടു പോയിട്ട് അവൾ പറയുന്ന സൊല്യൂഷൻ എന്താ അത് നിത്യതയോടെ അടച്ചു കളയുന്ന ഒരു സൊല്യൂഷനാണ് എന്നു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചില ആളുകളെക്കുറിച്ച് ഈ പത്ര ഓഫീസിലൊക്കെ എപ്പോഴും ദുരന്തങ്ങളുടെ വാർത്തകൾ ധാരാളം വരും ഏ ഒരു പക്ഷേ പത്രത്തിൽ വരാത്ത ഒത്തിരി വിശദാംശങ്ങൾ സഹിതമാണ് വരുന്നത് ചില ചെറുപ്പക്കാർ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എങ്ങനെയെങ്കിലും ഓരോന്ന് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നു അതിനുവേണ്ടി ഈ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കൊണ്ടുവന്ന് താനും ഭാര്യയും നാല് കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്നു ഭംഗിയായിട്ട് അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നത് എന്താ ആ ആ അവരെ വിഷം കൊടുത്ത് കൊന്നു ഐസ്ക്രീം വാങ്ങിച്ചു കുഞ്ഞുങ്ങൾക്ക് അതിലെ വിഷം കലർത്തി കൊടുത്തു ഭാര്യയും ഭർത്താവും തൂങ്ങി മരിച്ചു എവിടെയാ പ്രശ്നം എവിടെയാ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു തിരിച്ചടി വന്ന് കാണും തിരിച്ചടി വരുമ്പോൾ ഇതെല്ലാം അങ്ങ് എറിഞ്ഞുടച്ചേച്ച് പോകാം ഇപ്പോൾ യോബിൻ്റെ ഭാര്യ അതിനൊരു ആ നിലയിലുള്ള ഒരു മനോഭാവം പോലാ നിൽക്കുന്നത് എന്തിനാ ഇനി ഇനി ദൈവത്തെ തിരിച്ച് പറഞ്ഞേച്ച് മരിച്ചേര് സൂയിസൈഡ് ചെയ്തേര് അതതിൻ്റെ പ്രതിവിധിയാണോ അതല്ല പ്രതിവിധി അതല്ല പ്രതിവിധി നമ്മളീ പറഞ്ഞ ഈ ചെറുപ്പക്കാർ ഒരു പക്ഷേ അന്നേരം ആ പ്രശ്നത്തെ നേരിട്ട് നിന്നിരുന്നെങ്കിൽ നന്നായി വന്നേന് പക്ഷേ അവരെ എന്ത് സംഭവിച്ചു അവർക്കൊരു നിരാശ വന്നു എപ്പോഴും പിശാജ് ആളുകളെ നിരാശയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നു ഒരു പ്രയാസം വരുമ്പോൾ അതിലൂടെ ഒരു നിരാശ ഇനിയും ഒരു രക്ഷയില്ല ഇനി രക്ഷയില്ല ഇനി എന്തിനാണ് ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യമാണ് പിശാജ് കൊണ്ടു വന്നത് അപ്പഴേപ്പെട്ടവരെ നമ്മളെന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഇഴകീറി പരിശോധിക്കുന്നത് എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ നിലയിലൊക്കെയുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളും വരാം എന്തിനായി ദൈവത്തെ ദേശിച്ച് പറഞ്ഞ് ഞാൻ ദൈവത്തെ അന്വേഷിച്ചു വല്ല പ്രയോജനം ഉണ്ടായോ ഈ നിലയിലൊരു നിരാശ യോബിൻ്റെ ഭാര്യയെ ബാധിച്ചു അവൾ നമുക്ക് കുറ്റം പറയാനാവില്ല കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എല്ലാം കണ്ണിന് മുമ്പിൽ നഷ്ടപ്പെട്ടു ആരോഗ്യമുണ്ടായിരുന്ന ഭർത്താവും ഈ നിലയിലായി ആയപ്പോഴവൾ അവൾക്കറിയാവുന്നത് പോലെ നിരാശയുടെ പടുകുഴിയിൽ നിന്നുകൊണ്ട് എല്ലാം എറിഞ്ഞുടച്ച് കളയാം എന്നൊരു നിർദ്ദേശമാണ് പറയുന്നത് ആ അതുതന്നെയല്ല അവൾ അന്നത്തെ നാട്ട് നം ആളുകൾ പൊ പൊതു ലോകം ചിന്തിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത് അവൾ എന്താ പറയുന്നത് ഇനിയെന്തിനാണ് നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭക്തി എന്തിനാണെന്നാണ് അവൾ പറയുന്നത് ഭക്തി കാര്യങ്ങളെല്ലാം പകിട പന്ത്രണ്ടേ എന്ന് ഭംഗിയായിട്ട് നടക്കാനാണ് ഭക്തി ഇന്നും അങ്ങനൊരു കാര്യമില്ലേ ദൈവത്തെ അന്വേഷിക്കുന്നത് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം ദൈവം എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി തന്നോണം പിള്ളേരുടെ കല്യാണം എല്ലാം കൃത്യമായിട്ട് നടക്കണം പിള്ളേരാരും പരീക്ഷയ്ക്ക് നോക്കരുത് എൻ്റെ വണ്ടിയെ ഒരു പോറല് പോലും ഉണ്ടാകരുത് കാരണം ഞാൻ ആരാ ഞാൻ ഭക്തനാണ് യോബ് ഭക്തനാണ് ആ ഭക്തനായിരുന്ന യോബിനെ സൂക്ഷിക്കാൻ ആ നിലയിൽ ദൈവത്തിനൊരു ബാധ്യതയുണ്ട് ദൈവം അത് ചെയ്തില്ല ഇനി എന്താ അപ്പം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം നമ്മളുടെ ദൃഷ്ടിയിൽ ദൈവം നമ്മളെ കൈവിട്ടാൽ അല്ലെങ്കിൽ നമ്മളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മളെ ആ നിലയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെങ്കിൽ അവനെ തിരിച്ചു ഇത് ഈ ലോകത്തിൻ്റെ ഒരു പൊതു ആ പൊതു കടമെടുത്തുകൊണ്ട് യോബിൻ്റെ ഭാര്യയും പറയുന്നു നീ അങ്ങനെ ചെയ്യുക എന്ന പറയും അതിൻ്റെ മധ്യത്തിൽ യോബ് എന്താ പറയുന്നത് നാം ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞ് ആ ദൈവഭക്തനായ മനുഷ്യൻ ആ കാര്യങ്ങളെ അതിജീവിക്കുന്നു തൻ്റെ ജീവിതം നമുക്കറിയാം പ്രിയപ്പെട്ടവർ നമ്മൾ എന്ത് പറഞ്ഞാൽ ഇതിലേക്ക് വന്നത് നമ്മൾ പറഞ്ഞു വന്നത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒട്ടേറെ കാര്യങ്ങളുണ്ടായ ഒരാളാണ് ഈയോബ് യോബ് ആ ഈയോബ് പക്ഷേ താന് ദൈവത്തിൻ്റെ ഒരു അതായത് ദൈവം എല്ലാത്തിനെയും ഭരിച്ച് നിയന്ത്രിക്കുന്നു ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ യോബിനെ കാണാനിടയായി ഈ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തിൽ യോവ് പറയുക നാം കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ നന്മയായാലും തിന്മയായാലും എല്ലാത്തിനെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്ന് യോബ് ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ കണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു നിലപാടാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ യോബ് പറഞ്ഞത് നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും ആരുടെ കയ്യിൽ നിന്ന് കൈക്കൊള്ളുന്നു എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തിൻ്റെ കൈയിൽ നിന്ന് എന്നുള്ള മട്ടില്ല ഇവിടെ പറഞ്ഞേക്കുന്നത് സത്യത്തിൽ അങ്ങനെയാണോ നമുക്കറിയാം ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാം അതിൻ്റെ പിശാജ് സാത്താന് ദൈവസന്നിധിയിലെ ചെന്ന് നിന്ന് ഒന്നാമധ്യായ പന്ത്രണ്ടാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലേക്ക് പത്ത് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവൻ്റെ മൃഗസമ്പത്ത് അതിനെ ഒന്ന് തൊടാനായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് സാത്താൻ ദൈവത്തെ ആ നിലയിൽ അവനോട് ഒരു പരീക്ഷണം നടത്താനായിട്ട് ആവശ്യപ്പെടുക ദൈവം എന്തു ചെയ്തു ചെയ്തു ദൈവം അവൻ്റെ ചുറ്റുമുള്ള വേലിയിൽ അല്പം പൊളിച്ചു അല്പമൊരു വിടവുണ്ടാക്കി ആ വിടവിലൂടെ സാത്താനെ അകത്ത് കടക്കാനായിട്ട് അനുവദിച്ചു അങ്ങനെയാണ് അവൻ്റെ മൃഗസമ്പത്തും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു എന്നാൽ അത് കഴിഞ്ഞിട്ടും രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നിട്ടും ഈ മൃഗസമ്പത്തും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടിട്ടും ഇവൻ ദൈവഭക്തനായിരിക്കുന്ന കണ്ട കുടുംബത്തിന് ചുറ്റും ഒക്കെയുള്ള വേലികളുണ്ട് ആ വേലികളെ ദൈവം അല്പാൽപ്പം സാത്താൻ പറഞ്ഞ ആ പരീക്ഷയോടുള്ള ബന്ധത്തിൽ അല്പമൊന്ന് ഒരു അതിലൊരു ഛിദ്രം വരുത്തി ആ വേലിയിലൊരല്പം വിടവുണ്ടാക്കി ആ വിടവിലൂടെ വന്നാണ് സാത്താനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ പലപ്പോഴും ഇയോബിനെ പോലെ വിചാരിക്കും ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദൈവം നന്മ ചെയ്യുന്നു ദൈവം അതുപോലെ തന്നെ ദൈവം തിന്മയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യാ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ വാക്യത്തിൽ ദൈവത്തിൽ നിന്ന് എന്തുമാത്രമേ വരികയുള്ളെന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ ദൈവത്തിൽ നിന്ന് നല്ലതേ വരുവുള്ളൂ നല്ല ദാനവും തികഞ്ഞ വരവും നല്ലതാണ് ദൈവത്തിൽ നിന്ന് വരുന്നത് ദൈവം നന്മയുടെ മൂർത്തിമദ്ഭാവമാണ് അങ്ങനെയുള്ളപ്പോൾ ആ ദൈവത്തിൽ എന്തില്ല തിന്മയില്ല ദൈവത്തിൽ നിന്നല്ല തിന്മ വരുന്നത് മറച്ചാരിൽ നിന്നാണ് തിന്മയുടെ മൂർത്തിമത്ഭാവമായ സാത്താനിൽ നിന്നാണ് ആ ഈ നിലയിലുള്ള അത്യാഹിതങ്ങളും മരണങ്ങളും ഈ കാര്യങ്ങളും വരുന്നത് പക്ഷേ ഇയോവിൻ്റെ പുസ്തകത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ച കാര്യങ്ങളോട് ചേർത്ത് ഇതിനെ കാണുമ്പോഴെന്താണ് നമ്മൾ കാണുന്നത് സാത്താനാണ് ഇത് ചെയ്യുന്നത് എങ്കിലും ദൈവത്തിൻ്റെ അനുമതിയില്ലാതെ അവന് ചെയ്യാനായിട്ട് കഴിയില്ല ദൈവം വെളിച്ചങ്ങളുടെ പിതാവ് ആ തൻ്റെ പക്കൽ ആ ആ നിലയിൽ തികഞ്ഞ വരവും നല്ലതാനു നല്ലതാനു നല്ലത് മാത്രമേ തൻ്റെ കയ്യിലുള്ളെങ്കിൽ ഈ നിലയിലുള്ള കുഞ്ഞുങ്ങളുടെ മരണം ശത്രുക്കൾ വന്ന് മൃഗസമ്പത്തില്ലാതാക്കുന്നത് ഇതൊന്നും ദൈവമല്ല ചെയ്തത് മറിച്ച് സാത്താനാ ചെയ്തത് പക്ഷേ സാത്താൻ ആ നിലയിൽ ഒരു ദൈവമകനെ തൊടാൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആ നിലയിൽ ഉപദ്രവിക്കണമെങ്കിൽ അനുമതി ലഭിക്കാതെ അവന് ചെയ്യാൻ ആഹാര്യത്തോടുള്ള ബന്ധത്തിലാണല്ലോ ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ചിലപ്പോൾ നമ്മൾ പറയലേ ദൈവം ദൈവം എല്ലാവരും ഇട്ട് ഒരടി കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ സത്യത്തിൽ അത് ദൈവം അനുവദിച്ചതാണെങ്കിലും ദൈവമല്ല അത് ചെയ്തു ദൈവമല്ല ചെയ്തു ആ തിന്മയായുള്ള കാര്യങ്ങളെല്ലാം പിശാചിൽ നിന്നാണ് എന്നാൽ ദൈവം ഈ കാര്യത്തിന് അനുമതി കൊടുത്തു തൻ്റെ സർവാധിപത്യം ദൈവത്തിൻ്റെ സർവാധിപത്യം സ്വർഗം അവൻ്റെ സുഹാസനവും ഭൂമി അവൻ്റെ പാതവീടവും ദൈവം അറിയാതെ ഒരു കാര്യം പോലും നടക്കുന്നില്ല പ്രദേശത്ത് ഒരു വീട് തുറന്ന് നോക്കിയപ്പോൾ അഞ്ചു പേര് എത്ര ദിവസമായെന്ന് അറിഞ്ഞുകൂടാ അഞ്ച് ഡെഡ് ബോഡികളാണ് അവിടെ കിടക്കുന്നത് വെള്ളത്തിൽ ോക്കുക ഒരു വീട്ടിൽ ഒരു രക്ഷയില്ലാതെ അവിടെ കുടുങ്ങിപ്പോയി അഞ്ച് പേര് രണ്ടോ മൂന്നോ ദിവസമായിട്ട് മരിച്ചു ദൈവമാണോ ഇത് ചെയ്തത് ദൈവമല്ല ചെയ്തത് ഈ നിലയിലുള്ള കാര്യം തീർച്ചയായിട്ടും ആ വെളിച്ചങ്ങളുടെ പിതാവ് നല്ലവരങ്ങളുള്ളവൻ അവിടെ നിന്നല്ല അത് ചെയ്യുന്നത് പക്ഷേ പക്ഷേ അത്രയും ശരിയായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അനുമതിയില്ലാതെ കാര്യങ്ങൾ പിശാചിന് ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം നമ്മൾ വായിച്ചു വന്ന സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം അപ്പോൾ ഈയോബിൻ്റെ ജീവിതത്തിൽ ഈ ശത്രുശല്യം അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം ഇതിങ്ങനെ മാറി മാറി മാറി വന്നു അതെല്ലാം വന്നപ്പോൾ ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് ദൈവം അറിയാതെ അല്ല എന്ന് പറഞ്ഞ് യോബ് ദൈവത്തിലേക്ക് മുഖം ഇവിടെ ഇതാ ദാവീതും തൻ്റെ ശത്രുക്കളും വൈരികളുമായ ദുഷ്കർമ്മികൾ മാംസം തിന്നുവാൻ അടുത്തപ്പോഴും സൈന്യം പാളയം ഇറങ്ങിയപ്പോഴും യുദ്ധം നേരിട്ടപ്പോഴും അതിൻ്റെയൊക്കെ മുമ്പിൽ അനർത്ഥ ദിവസം വന്നപ്പോഴും ചുറ്റുമുള്ള ശത്രുക്കൾ ചുറ്റും നിന്നപ്പോഴും ഒക്കെ അങ്ങനെയുള്ള സം സന്ദർഭങ്ങളുടെ മുമ്പിൽ തനിക്കൊരു കാര്യം മനസ്സിലായി ഇത് ദൈവത്തെ കൂടുതൽ അന്വേഷിക്കാനായിട്ട് എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ടെലഗ്രാമായത് ഒരു കമ്പി സന്ദേശമായ ഒരു കൽപ്പനയായത് ഇതിലൂടെ എന്താ പറയുന്നത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനാണ് പറയുന്നത് ഉടനെ തന്നെ ആ ദൈവഹൃത്യൻ പറയുന്നു യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നമ്മൾ ഇത് വായിക്കുമ്പോൾ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു എന്നുള്ള ഈ ദാവീതിൻ്റെ ഈ സങ്കീർത്തനം ഇതിൻ്റെ ഒരു പ്രതിധ്വനി ഇവിടെ അവസാനിക്കുന്നില്ല നമ്മൾ ദാവീതിൻ്റെ തലമുറയിലേക്ക് വരുമ്പോൾ ആ ദാവീദിൻ്റെ മകൻ ശലോമോനും ഈ നിലയിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക എന്ന ഈ പദപ്രയോഗം താൻ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ദിനവൃത്താന്തങ്ങളിലാണ് രണ്ട് ദിനവൃത്താന്തം ഏഴാമത്തെ അധ്യായത്തിലാണ് നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴേതോ ഒരു സഹോദരൻ ആ വാക്യം ഉദ്ധരിക്കുകയുണ്ടായി രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് ചിന്തിക്കുക എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് കണ്ടോ എൻ്റെ മുഖം അന്വേഷിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഇവിടെ ഇതാ ഏത് ഏതിനോട് ചേർത്താ ഇത് ഇത് ശലോമോൻ്റെ ശലോമോൻ ദേവാലയം പണുതു ദേവാലയം പണുതു അഞ്ചാമധ്യായത്തിലും അതിൻ്റെ ശലോമോൻ ദേവാലയം പണിയൊക്കെയും തീർന്നു അഞ്ചാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മളങ്ങനെയാണ് കാണുന്നത് ഈ ദേവാലയം പണിത്ത് തീർത്തിട്ട് ശലോമോൻ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയെല്ലാം നടത്തി അതിനെല്ലാം ശേഷം യഹോ രാത്രിയിൽ യഹോവാ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരളി ചെയ്ത കൂട്ടത്തിലെ ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത് അപ്പം ദൈവത്തിൻ്റെ തന്നെ വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് എന്താ ദൈവം പറയുന്നത് പതിമൂന്നാമത്തെ വാക്യം ഏഴിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവിടെ മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശം മൂടി അടച്ച് കളയുകയോ ദേശം മുഴുവൻ തിന്നു മുടിക്കുകയോ മഹാമാരി വരികയോ ഒക്കെ കണ്ടോ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ എന്നിന്ന് പറയുന്ന പല കാര്യങ്ങളാണ് ഇന്നിപ്പം മഴ പെയ്യുന്നതാണ് പ്രശ്നമെങ്കിൽ മഴ പെയ്യാതെ ആകാശം അടച്ച് കളയുന്നത് അങ്ങനെയും വരാം ആകാശമടച്ച് കളഞ്ഞു വെട്ടിക്കളി ശല്യം കൃഷി മുഴുവൻ നഷ്ടപ്പെ മഹാമാരി ഇതെല്ലാം വരുമ്പം ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പം അത് ആ ദേശത്തിൻ്റെ സൗഖ്യമില്ലാതാക്കുന്ന ഒരു കാര്യമാണ്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 ഒരു പക്ഷേ ദാവീദിൻ്റെ ഇരുപത്തേഴാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനം ശലോമനും അറിയാം ശലോമൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു ഈ ദേവാലയം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ദൗത്യം നമുക്കറിയാമല്ലോ രണ്ട് ചമുവൽ ഏഴാം അധ്യായം അത് പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട് രണ്ട് ചമുവൽ ഏഴിൻ്റെ പതിമൂന്നിൽ ദൈവം തന്നെ പറയുന്നുണ്ട് ദാവീദ് ആഗ്രഹിച്ചതാണെന്ത് ഈ ദേവാലയം പണിയാൻ ആഗ്രഹിച്ചത് അങ്ങനെ പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവിടെ പറയുന്നു നീ അല്ലിത് പണിയേണ്ടത് മറിച്ച് നിന്റെ മകൻ നിനക്കൊരു മകനുണ്ട് അവന് നിന്റെ കാലശേഷം ഈ ദേവാലയം പണിയും എന്ന് ദൈവം അവിടെ പറയും അപ്പം ശലോമോന് ജനിച്ചപ്പോൾ മുതൽ തന്നെ ശലോമോന് ദാവീതിൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശം എന്താ നീ ദേവാലയം പണിയാനുള്ളവനാണ് ദേവാലയം പണിയാനുള്ളവനാണ് ശലോമോനൊടുവിൽ ആ ദേവാലയം പണിതു തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം പൂർത്തിയായി ദൈവത്തിന് വലിയ യാഗങ്ങൾ കഴിച്ചു എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തി ഓ ആ ദേവാലയത്തിൽ ചെന്ന് ആകാശത്തേക്ക് കൈമലർത്തി താൻ മുട്ടുകുത്തി നിന്ന് താൻ വലിയ പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥനയും യാഗങ്ങൾക്കും എല്ലാം ശേഷം ഇവിടെ രാത്രിയിൽ ദൈവം അവന് പ്രത്യക്ഷനായി പറയുക നീ എന്താ വേണ്ടത് ആ ഏതെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ വന്ന് ദേശത്തിന് സൗഖ്യമില്ലാതെ വരുമ്പോൾ ആരാ ആരാ അവിടെ ചെയ്യേണ്ടത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എൻ്റെ മുഖം അന്വേഷിക്കണം എൻ്റെ മുഖം അന്വേഷിക്കണം ഉടനെ തന്നെ ശലോമോൻ ദാവീത് തൻ്റെ പിതാവിൻ്റെ ഈ സങ്കീർത്തനം ഓർത്തിരിക്കും എൻ്റെ മുഖം അന്വേഷിപ്പി എന്ന് ദൈവത്തിൽ നിന്ന് കൽപ്പന വന്നു ഓ ഇവിടെ ഇതാ ദൈവം തന്നെ പറയുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ കാര്യങ്ങളിങ്ങനെ ആ ദുരന്തങ്ങൾ വരുമ്പോൾ ദേശത്തിന് സൗഖ്യമില്ലാതായിരിക്കുമ്പോൾ നീ എന്തു ചെയ്യണം എൻ്റെ മുഖം അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ നോക്കാം ഇവിടെ ആരാ ഈ മുഖം അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും ഈ ദേശത്തിന് സൗഖ്യമില്ലാതിരിക്കുമ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തുകയും പ്രാർത്ഥിക്കുകയും മുഖം അന്വേഷിക്കുകയും ദുർമാർഗങ്ങളെ വിട്ടു തിരിയൊക്കെ ചെയ്യേണ്ടത് ആരാ ആരാ നമ്മൾ പറയും ഈ ലോകമനുഷ്യർ ചെയ്യണം അവർ ഇതെല്ലാം വിട്ടു തിരിയണം അങ്ങനെയല്ല ഇവിടെ കാണുന്നത് ഈ ഒരു പ്രയാസം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ ദൈവം റെസ്പോൺസിബിളാക്കുന്നതാരെയാണ് ഉത്തരവാദിയാക്കുന്നതാരെയാണ് എൻ്റെ ജനം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനത്തോടാണ് പറഞ്ഞേക്കുന്നത് എന്താ നാലുകൂട്ടം കാര്യങ്ങളാണ് ഒന്ന് അവർ തങ്ങളെ തന്നെ താഴ്ത്തണം രണ്ട് പ്രാർത്ഥിക്കണം മൂന്ന് മുഖം അന്വേഷിക്കണം നാല് ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം നാല് കാര്യങ്ങൾ അവരാവശ്യപ്പെടുന്നു നാല് കാര്യങ്ങൾ ആവശ്യപ്പെടും അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് കണ്ടോ ഇവിടെ അങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്യുമ്പം ദൈവം മൂന്ന് കാര്യങ്ങൾ അതിന് പ്രത്യുത്തരമായിട്ട് ദൈവം ചെയ്യും ദൈവം എന്താ ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്ന് ഇത് കേൾക്കും പാപം ക്ഷമിക്കും ദേശത്തിന് സൗഖ്യം വരുത്തി എന്തിനാ ദൈവം ഈ ദേശത്തിന് പ്രശ്നം വരുമ്പോ ദൈവജനത്തെ ഇതിൻ്റെ അകത്ത് ഉത്തരവാദിയാക്കുന്നത് കണ്ടോ ഇതൊരു പൗരോഹിത്യ ശുശ്രൂഷ പോലെ പലപ്പോഴും പുരോഹിതൻ എന്താ ചെയ്യുന്നത് പുരോഹിതൻ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഈ ജനത്തെ ഹൃദയത്തിൽ വഹിച്ച് അവരുടെ പാപങ്ങൾ പരിഹരിക്കാൻ യാഗം കഴിക്കാനായിട്ട് ഈ പുരോഹിതൻ നിയുക്തനാകുന്നത് പോലെ ഇവിടെ ഇതാ ഇന്ന് കാണാവുന്ന യാഗങ്ങളൊന്നും കഴിക്കുന്നില്ല പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ നമുക്ക് രാജ്യത്തൊരു പ്രശ്നം വരുമ്പോൾ ഇവിടെ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ഇവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മധ്യസ്ഥത ചെയ്യുന്ന ഒരു ശുശ്രൂഷ അതിനായിട്ട് ദൈവം നോക്കുന്നത് തൻ്റെ ജനത്തെയാണ് നമ്മളാണത് ചെയ്യേണ്ടത് നമ്മളെന്ത് ചെയ്യണം ഒന്നാമത് ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം താഴ്ത്തണം കണ്ടോ താഴ്ത്തുക എന്ന് പറയുമ്പോൾ അത് ഇവിടെ പ്രയാസങ്ങളുടെ മുമ്പാകെ നമ്മളൊന്നാമത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഹമ്പിൾ ചെയ്യുകയാണ് വേണ്ടത് ഈ സാഹചര്യത്തിന് കീഴടങ്ങി നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ രക്ഷ എപ്പോഴും നമുക്കറിയാമല്ലോ താഴ്മയുള്ളടത്ത് താഴ്മയുള്ളടത്ത് ഇവിടെ താഴാന് ആരെക്കൊണ്ടേ കഴിയുള്ളൂ ദൈവജനത്തെ കൊണ്ടേ കഴിയുള്ളൂ ദൈവജനം അവിടെ തങ്ങളെ തന്നെ താഴ്ത്തണം നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ എസ്രായയുടെ പുസ്തകത്തിൽ നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ട് എസ്റായയുടെ പുസ്തകം എസ്റായയുടെ പുസ്തകത്തിൽ ദൈവജനം അവിടെ ഒരു പ്രയാസത്തിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും എസ്റായുടെ പുസ്തകം എട്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അനന്തരം ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും കണ്ടോ ആദ്യം ചെയ്യാനായിട്ടിവിടെ പറഞ്ഞേക്കുന്നത് താഴ്ത്തുക ഇവിടെ താഴ്ത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങൾ ശുഭയാത്ര അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി താഴ്ത്തുക എന്നു പറഞ്ഞത് എങ്ങനെയാണ് അവർ ചെയ്തത് അവരൊരു ദൈവസന്നിധിയിൽ ഈ ദൈവജനം ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി തങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു പ്രാർത്ഥിച്ചതിനെ ദൈവം എന്തായിട്ട് കാണുന്നു അവർ തങ്ങളെ തന്നെ താഴ്ത്തിയതായിട്ട് കാണും നമ്മൾ ഇതേ കാര്യം തന്നെ ആഹാബ് എന്ന് പറയുന്ന ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് ആഹാബിനോട് പ്രവാചകൻ വന്നിട്ട് അവന് വളരെ തിന്മയായി പല കാര്യങ്ങൾ ചെയ്തു നാഭൂത്തിൻ്റെ മുന്തിരി തോട്ടമെടുത്തു അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവനെ കല്ലെറിഞ്ഞു കൊന്നതിനുമൊക്കെ ശേഷം ദൈവം അയച്ചിട്ട് പ്രവാചകൻ അവനോട് ചെന്ന് ന്യായവിധിയുടെ വാക്കുകൾ പറഞ്ഞപ്പം ആഹാബ് എന്തോ ചെയ്തു ആഹാബ് അവിടെ അവനെ അനുദപിച്ചു അനുദപിച്ചു അവനെ ഉപവസിച്ചു അവന് തന്നെ തന്നെ ഇതേ വരെ ഇല്ലാത്ത നിലയിൽ തന്നെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തി അത് കണ്ടപ്പോൾ ദൈവം അവൻ പറയുന്നു കണ്ടോ ആഹാബ് തന്നെ തന്നെ താഴ്ത്തിയത് കണ്ടോ എന്നാണ് അവിടെ പറയുന്നത് ഒന്ന് രാജാക്കന്മാർ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റേ രട്ടുടുത്തുകൊണ്ട് ഉപവസിച്ചു ഈ രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു അപ്പോൾ യഹോയുടെ എളപ്പാട് തിഷ്ബനായ ഏലിയാവനുണ്ടായി ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടോ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് ഈ അനർത്ഥം വരാ വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് ഈ അനർത്ഥം വരുത്തുകയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ തന്നെത്താന് താഴ്ത്തി തന്നെത്താന് താഴ്ത്തി തന്നെത്താന് താഴ്ത്തുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ആ കാര്യത്തിൻ്റെ മുമ്പാകെ ആ അനുതാപത്തോടെ ഇത് എൻ്റെ തെറ്റാണ് എന്നുള്ള നിലയിൽ നമ്മൾ എടുക്കുന്നു അങ്ങനെ എടുക്കാൻ ആർക്കേ കഴിയുള്ളൂ തൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെ താഴ്ത്താനായിട്ട് കഴിയുള്ളൂ അങ്ങനെ താഴ്ത്തുമ്പം അവിടെ രക്ഷയുണ്ട് രക്ഷയുണ്ട് നമുക്ക് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി രണ്ട് ദിനവൃത്താന്തം ഏഴാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് തന്നെ താൻ താഴ്ത്തുന്നതാണ് നമുക്ക് നമ്മുടെ രാജ്യം സംസ്ഥാനം കടന്നു ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഈ തിന്മകളെ നമ്മുടേതായിട്ടെടുത്ത് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നു രണ്ടാമതെന്താ പറയുന്നത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതിലും നമ്മൾ വിചാരിക്കും അതിൻ്റെ അകത്തെന്താ ഉള്ളത് അതും നമ്മൾ പഠിച്ചു വരുമ്പം അതുമെന്താ അതും താഴ്ത്തുന്നത് തന്നെ അത് നമ്മളെ തന്നെ ഹമ്പിളി ചെയ്യുന്നത് തന്നെ ഉപസിക്കുന്നത് നമ്മളെ തന്നെ താഴ്ത്തുന്നതാണെന്ന് എസ്രായുടെ പുസ്തകത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ആഹാവിനെക്കുറിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതോ പ്രാർത്ഥിക്കുമ്പോഴും ഒരു താഴ്മയുള്ള ഒരാൾക്ക് മാത്രമേ ആ പ്രാർത്ഥനയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ കർത്താവ് പറഞ്ഞ ഉപമ നമുക്കറിയാം ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായത്തിലാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആ കർത്താവ് പറഞ്ഞ ആ ഉപമ കാണുന്നത് അവിടെ ആ വിധവയായ സ്ത്രീ വിധവയായ സ്ത്രീ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് ഒരു ഉപമ പറഞ്ഞു എന്നാണ് അതിൻ്റെ തലക്കെട്ട് അപ്പോൾ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് കർത്താവ് ഒരു ഉപമ പറഞ്ഞത് അവിടെ ഒരു വിധവയുണ്ടായിരുന്നു ആ വിധവ പ്രതിയോഗയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അവന് കുറേ മനസ്സില്ലായിരുന്നു വിധവ എന്തോ ചെയ്തുകൊണ്ടിരുന്നു വിധവ പിന്നെയും പിന്നെയും പിന്നെയും ആ ന്യായാധിപൻ്റെ അടുത്ത് പിന്നെയും പിന്നെയും ചെന്നുകൊണ്ടിരുന്നു അങ്ങനെ ചെല്ലണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടായാലേ പറ്റുള്ളൂ താഴ്മയുണ്ടായാലേ പറ്റുകയുള്ളൂ നമ്മൾ വലിയൊരു വന്നെങ്കിൽ പറയോ ഓ ഞാനൊരു ഒരു കാര്യം പുള്ളിയോട് പറഞ്ഞു ഇതേ വരെ അത് സാധിച്ചു തന്നില്ല ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല നമുക്കങ്ങനെ പറയാം കാര്യം നമ്മളാരും വിധവയായിട്ടില്ല എന്നാൽ സാക്ഷാൽ വിധവയും ഏകാകിയുമായുള്ളവൾക്ക് വേറെ ആശ്രയം ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഏഹ് അന്യായക്കാരനാണെങ്കിലും ഈ ന്യായാധിപൻ തന്നെ ഇത് സാധിച്ചു തരുന്നവരെ അവൾ പിന്നെയും പിന്നെയും സ്വന്തം അഭിമാനം വേണ്ടെന്ന് വെച്ച് ചിലർ പറയല്ലേ മനുഷ്യരായാലും ഒരു അഭിമാനമൊക്കെ വേണ്ടേ അതൊക്കെ കാണിക്കുന്നത് നമുക്ക് നമ്മിൽ തന്നെ ഒരു ബലമുണ്ടെന്ന യഥാർത്ഥ പ്രാർത്ഥനയിൽ എന്തില്ല അവിടെ ഒരു സ്വയബലമില്ല അവിടെ താഴ്ത്തലാകുള്ളത് കണ്ടോ ഇത് പറഞ്ഞേച്ച് പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അതിനെ കൊണ്ടുവന്ന് ദൈവത്തോട് ചേർത്താ വച്ചേക്കുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാർ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു ദൈവം ഉടനെ മറുപടി തന്നോണം ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇവിടെ ആ വൃതന്മാർ നിലവിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ആത്മാവെന്ന് പറയുന്നത് താഴ്മയുടെ ആത്മാവാണ് അവിടെയും അപ്പോൾ താഴ്ത്തുക എന്നുള്ളൊരു കാര്യമാണ് കാണുന്നത് മൂന്നാമത്തെ കാര്യം മുഖമന്വേഷിക്കുക മുഖമന്വേഷിക്കുക ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനായിട്ട് ദൈവം അയച്ചേക്കുന്ന ആപത്തുകളാണ് തിരിച്ചറിവ് ആ തിരിച്ചറിവ് ഉണ്ടാകാൻ ആർക്കേ കഴിയുള്ളൂ അതും താഴ്മയുള്ളവരാക്കേ കഴിയുള്ളു ഞാൻ പറഞ്ഞത് വ്യക്തമായോ ഈ ലോകത്തെന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അതിനു മുൻപാകെ ഈ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊരു പാഠം പഠിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശമേറ്റുവാങ്ങി ഇത് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ദൈവം അയച്ച ഒരു കാര്യമാണ് എന്ന് ഏറ്റെടുക്കാൻ താഴ്മയുള്ള ഒരു മനസ്സിന് മാത്രമേ കഴിയുള്ളൂ കണ്ടോ അവിടെയും നമ്മൾ പറയുന്നത് മുഖം അന്വേഷിക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം നാലാമതോ തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയണം ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം ഇവിടെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനത്തോടാണ് ഈ പറയുന്നത് നമ്മൾ നോക്കുമ്പം നമുക്കങ്ങനെ വലിയ ദുർമാർഗങ്ങളൊന്നുമില്ല ഇതിനേക്കാൾ എത്രയോ ദുർമാർഗമാണ് ലോകമനുഷ്യർക്കുള്ളത് പക്ഷേ ഇവിടെ നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മുൻപാകെ നമ്മുടെ പാപങ്ങൾ ഏതെങ്കിലും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻപാകെ അനുദവിക്കുക അങ്ങനെ അനുദിക്കണമെങ്കിലും എന്ത് വേണം താഴ്മ വേണം താഴ്മ വേണം കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് മുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ നമ്മൾ അനുദവിക്കണമെങ്കിൽ നമ്മൾ ഒരാളോട് സോറി പിണരണമെങ്കിൽ നമുക്ക് താഴ്മ ഉണ്ടാകാതെ പറ്റുകയില്ല അങ്ങനെ നമ്മൾ ആ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ദൈവം എന്തോ ചെയ്യും സ്വർഗത്തിൽ നിന്ന് കേൾക്കും ദൈവം ചെയ്യുന്ന തുടർന്ന് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കും ദൈവം കാര്യങ്ങൾ കേൾക്കുമോ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമോ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ഒരു തവണ പ്രാർത്ഥിച്ചു രണ്ട് തവണ പ്രാർത്ഥിച്ചു അതിന് മറുപടി കിട്ടാതെ വന്നാൽ ദൈവം മറുപടി നൽകിയില്ല ദൈവം കേൾക്കുന്നില്ല എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ദൈവം തന്നെ പറയുന്നു അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇരമ്യാവ് മുപ്പത്തിമൂന്നിൻ്റെ മൂന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളും ഞാൻ എന്തു ചെയ്യും എന്നെ വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കും എന്ന് ദൈവമോടെ പറയും അതാണ് ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദേശത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും രണ്ടാമതോ കേട്ട് അവരുടെ പാപം ക്ഷമിക്കും പാപം ക്ഷമിക്കും പാപം ക്ഷമിക്കും രമയവൻ്റെ പുസ്തകം മുപ്പത്തി തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നോക്കുക ഞാനെന്തോ ചെയ്യും അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരോട് യഹൂദയുടെ അവരെ പണ്ടത്തെ പോലെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും എൻ്റെ അവരുടെ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും എട്ടാമത്തെ വാക്യം ഇരമയാവ് മുപ്പത്തി മൂന്നിൻ്റെ എട്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ എന്തോ ചെയ്യും അവരുടെ അകൃത്യങ്ങളെ സകല അത് അകൃത്യങ്ങളെയും സകല അകൃത്യങ്ങളെയും ചെയ്യും അപ്പോൾ ദൈവം കേൾക്കും ദൈവം ക്ഷമിക്കും മൂന്നാമതോ മൂന്നാമത് സൗഖ്യം വരുത്തും ദൈവം സൗഖ്യം വരുത്തും ഹോശയുടെ പുസ്തകത്തിലെ ഒരു വാക്യം നമ്മൾ പെട്ടെന്ന് ഓർത്തുപോകും ഹോശയുടെ പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ആറാമധ്യായം ആറാമധ്യായത്തിൽ ദൈവം സൗഖ്യം വരുത്തും എന്നുള്ളതിനെക്കുറിച്ച് കാണുന്നു അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ നമ്മെ സൗഖ്യമാക്കും അവൻ നമ്മെ അടി അവൻ മുറിവ് വരുവേ നാം ഈഹോയുടെ ഇടക്കിലേക്ക് ചെല്ലുക ഹോഷാ ആറിൻ്റെ ഒന്ന് അവൻ നമ്മെ കടിച്ചു കയറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും ഈ ഈ പ്രതിസന്ധി ആരനുവദിച്ചു ദൈവം അനുവദിച്ചു അതുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞേക്കുന്നത് അവൻ തന്നെ നമ്മളെ ഈ കടിച്ചു കയറിയിരിക്കുന്നത് അവനാ കടിച്ചു കയറിയിരിക്കുന്നത് അവൻ എന്തോ ചെയ്യും അവൻ സൗഖ്യമാക്കും അവൻ സൗഖ്യമാക്കും പ്രിയപ്പെട്ടവരെ ആ നിലയിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നമുക്ക് ോർക്കാം ദൈവന്തിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കും പാപം ക്ഷമിക്കും സൗഖ്യം വരുത്തി കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുന്ന ഒരു ശുശ്രൂഷയിൽ നമ്മളെന്ത് വേണം നമ്മൾ നമ്മളെ തന്നെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് മുഖം അന്വേഷിക്കാൻ ദൈവം ആ ഉത്തരവാദിത്വം നമുക്കാണ് നൽകിയിരിക്കുന്നത് നമ്മളിത് പറയുമ്പോൾ ചരിത്രത്തിൽ ഉടനീളം ഇങ്ങനെ തന്നെയാണ് നമ്മൾ രണ്ട് ദിനവൃത്താന്തം മുപ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗങ്ങൾ എടുത്ത് പറയാനായിട്ട് നമുക്ക് സമയമില്ല രണ്ട് ദിനവൃത്താന്തം മുപ്പതാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കുക അവിടെ എസ് കെ ആവ് എസ് കെ ഏറ്റവും ദൈവത്തെ അന്വേഷിച്ച ദൈവഹിതപ്രകാരം ജീവിച്ച ഒരാളായിരുന്നു പക്ഷേ അവിടെ പ്രശ്നങ്ങൾ വന്നപ്പം അവനെന്തോ ചെയ്യുന്നു മുപ്പതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നോക്കുക രണ്ട് ദിനം മുപ്പതിൻ്റെ പതിനെട്ട് മുതൽ വലിയൊരു ജനസമൂഹം ഇവരെയൊക്കെ അവരെയൊക്കെ കൊണ്ടുവന്ന് താന് പെസഹർക്കുകയും തിന്നുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നിട്ട് അവർക്ക് വേണ്ടി ഒക്കെ ചെയ്യുന്നു ഇസ്കാവിൻ്റെ പ്രാർത്ഥന കേട്ട് ഇരുപതാമത്തെ വാക്യം ദൈവം എന്തോ ചെയ്തു ജനത്തെ സൗഖ്യമാക്കി ഇസ്കാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അത് ഈ ജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയേക്കാൾ താൻ തന്നെ ഇതിൻ്റെ അപരാധങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കേട്ട് ദൈവം എന്തു ചെയ്തു ജനത്തെ സൗഖ്യമാക്കി നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് നെഹമ്യാവും യെസ്റായയുടെയും പുസ്തകങ്ങളെയും വരുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ എട്ടാമധ്യായം ഒൻപതാമത്തെ വാക്യമൊക്കെ നോക്കുക എസ്രായയുടെ പുസ്തകവും ഒൻപതാം അധ്യായം നോക്കുക നെഹമ്യാവ് എട്ട് യെസ്രാവ് ഒമ്പത് അവിടെയൊക്കെയും പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പം ദൈവത്തെ അറിയുന്ന നെഹമ്യാവും യെസ്റായുമൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി അവരെ ദൈവസന്നിധിയിൽ ദൈവവചനം വായിച്ചു ആ വചനത്തിനു മുമ്പാകെ ജനം എന്തു ചെയ്തു ജനം കരഞ്ഞുപോയി നെഹമ്യാവ് എട്ടാമധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം ന്യായപ്രമാണവാക്യങ്ങളെല്ലാം ഇവിടെ വായിച്ചു കേട്ടപ്പം ജനമെല്ലാം കരഞ്ഞുപോയി ജനമെല്ലാം കരഞ്ഞുപോയി അവരെ ദുഃഖിച്ചു അവരെ ഹൃദയം തിരിഞ്ഞു ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞു ഇതിനൊക്കെ മധ്യസ്ഥത ചെയ്യുന്ന നെഹമ്യാവും യെസ്രായും എസ്രായുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിലും ഇതേ സംഭവം തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒക്കെ യസ്രായും നെഹ്മ്യാവും പ്രാർത്ഥിക്കുന്നത് എന്താ ദൈവയെ ഞങ്ങൾ ദോഷം ചെയ്തു ഞങ്ങൾ തെറ്റ് ചെയ്തു സത്യത്തിൽ എസ്രായോ നഹമ്യാവോ തെറ്റ് ചെയ്തോ ഇല്ല പക്ഷേ ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ അവർ അവരുടെ തിന്മകൾ കാണുകയും അത് വളരെ ചെറുതാണെങ്കിലും അത് ഏറ്റെടുക്കുകയും അതിനു മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവം ദേശത്തിന് സൗഖ്യം വരുത്തി ജനത്തിന് സൗഖ്യം വരുത്തി തുടർന്ന് അവർ വലിയ സന്തോഷത്തിലായി കണ്ടോ അവർ ഏറ്റവും വലിയ സന്തോഷമുണ്ടായി അതിൻ്റെ നെഹമി അവൻ്റെ പുസ്തകം എട്ടാമത്തെ ആയാലും അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നോക്കുക അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി എസ്റായുടെ പുസ്തകത്തിലും ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട് എസ്രയുടെ പുസ്തകത്തിലും ഇതുപോലെ യെറാസ്ത്രി ജനത്തിൻ്റെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഇവരനുദിക്കുകയും ദൈവസന്നിധിയിൽ വിറയ്ക്കുകയൊക്കെ ചെയ്ത് വീണ് കടന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് ഒമ്പതും പത്തും വാക്യം അധ്യായങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം എന്ത് ചെയ്തു ദൈവം അത് ഏറ്റെടുത്ത് അവർക്ക് സൗഖ്യം നൽകുന്നതാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ദാനിയലിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദാനിയൽ ഒരു പ്രാർത്ഥന നമ്മളിതേപോലെ കാണുന്നുണ്ട് ദാനിയലിൻ്റെ പുസ്തകം അതിൻ്റെ ഒൻപതാം അധ്യായം ഒൻപതാം അധ്യായത്തിൽ ദാനിയൽ പ്രാർത്ഥിക്കുന്ന ആ നമുക്കൊന്ന് നോക്കാം അതിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഒമ്പതാം അധ്യായം അതിൻ്റെ അന്വ ഞങ്ങൾ പാപം ചെയ്തു വികടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു നിൻ്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറി ഞങ്ങൾ കേട്ടനുസരിച്ചില്ല സത്യത്തി ധാന്യയിൽ കേൾക്കുകയനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിരുന്നില്ലേ ആയിരുന്നു പക്ഷേ ഇവിടെ കണ്ടോ ഈ ദേശത്തിനുള്ള ആ പ്രയാസത്തിന് മുമ്പാകെ ഇതിനെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം അവരാണ് തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതും ഇതിൻ്റെ അകൃത്യഭാരം ഏറ്റെടുക്കേണ്ടതും അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് ദൈവം ദേശത്തിന് സൗഖ്യം വരുത്തും സൗഖ്യം വരുത്തും നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്കും മടങ്ങി വരാം ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം അവിടെ ഇതാ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായപ്പോൾ മുഖം അന്വേഷിക്കാനുള്ള ഒരു കല്പനയാണെന്ന് ദാവീത് മനസ്സിലാക്കി അങ്ങനെ താൻ ദൈവമുഖം അന്വേഷിച്ചപ്പം എന്ത് സംഭവിച്ചു ഓ ദൈവം അതിൻ്റെ ഒടുവിൽ ആ സങ്കീർത്തനം അവസാനിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യേഹോയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ഈ പ്രയാസങ്ങളെല്ലാം വന്നപ്പോൾ ചിലർ പറയുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല തീർന്നു തീർന്നു അങ്ങനല്ല അവിടെ ഒരു വിശ്വാസത്തിൽ അവസാനിക്കുന്നത് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് വീണ്ടും നന്മ കാണും നന്മ കാണും എന്നിട്ട് ദാവീദ് തന്നെ തന്നെ ഉറപ്പിച്ചു പറയുക യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവെങ്കിൽ പ്രത്യാശ തന്നോട് തന്നെ പറയുക ദൈവത്തിൽ തന്നെ വീണ്ടും പ്രത്യാശ വയ്ക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ ഇപ്പോഴാണ് കടന്നു പോകുന്ന പ്രയാസങ്ങളോടുള്ള മധ്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ രാജ്യം നാട് ഇതേ വരെ ഇല്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു കൽപ്പനയായിട്ട് നമ്മൾ കാണണം എന്താ കൽപ്പന എൻ്റെ മുഖം അന്വേഷിക്കുക എൻ്റെ മുഖം അന്വേഷിക്കുക എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം ഒന്ന് തന്നെ തന്നെ താഴ്ത്തണം ഓ പ്രാർത്ഥിക്കണം മുഖം അന്വേഷിക്കണം ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം നെഹമ്യാവു എസ്റായുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക അവരെ ഒരു ഒരു നാഴികയോളം ഇത് കേട്ടു ന്യായപ്രമാണ വാക്യങ്ങൾ കേട്ടു പിന്നെന്ത് ചെയ്തു അവരെ തെറ്റുകളേറ്റു പറഞ്ഞു ഒരു നാഴിക പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു നിരന്തരം ഒരു ഉണർവിലേക്ക് അനിതാപത്തിൻ്റെ ലൂടെ അവരൊരു ഉണർവിലേക്ക് വന്നപ്പോൾ ദൈവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി നമുക്ക് നമുക്ക് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടാതെ നമുക്ക് പറയാം കർത്താവേ ഞങ്ങളാണ് ഞങ്ങളെയാണ് ഇത് ഞങ്ങളെയാണ് കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളീ കാര്യം ഏറ്റെടുക്കുന്നു ഞങ്ങളിത് ഏറ്റെടുക്കുന്നു ദൈവം നമുക്ക് ഒരു നിരാശയോടെയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ എന്നൊരു ഉറപ്പില്ലാതെയല്ല നമ്മൾ ഇരുപത്തേഴാം സം കീർത്തനത്തിൻ്റെ ഒടുവിലേക്ക് വായ്പ വായിച്ചത് എന്താ യഹോയിൽ തന്നെ പ്രത്യാശ വയ്ക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവിൽ പ്രത്യാശ വയ്ക്കുക ദൈവം വീണ്ടും ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ ഇനിയും കാണുമെന്ന് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം നമ്മൾ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ നമുക്ക് ആ നിലയിൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ഓ ഇന്ന് നമുക്ക് ചുരുക്കം പേരായിട്ടാണ് കടന്നു വരാനായിട്ട് ഇടയായത് പലർക്കും നമ്മുടെ പല പ്രിയപ്പെട്ടവർക്ക് വരാനായിട്ടിടയായില്ല പലരും വാഹന സൗകര്യമില്ല വീടുകളിലായിരിക്കുന്നു വീടുകളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഇന്നലെ ഞങ്ങൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരെ കാണാൻ പകുതി വഴി പക്ഷേ വെള്ളമായതുകൊണ്ട് മടങ്ങി വരേണ്ടി വന്നു പലർക്കും വരാനായിട്ട് കഴിയുന്നില്ല ഒറ്റപ്പെട്ടു പോയി അടുത്തിടെ ഒരു സാഹചര്യം ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് വേറൊരാടെ നേരെ വിരൽ ചൂണ്ടാനായിട്ടില്ല നമുക്ക് പറയാം ദൈവമേ ഇതിൻ്റെ മുമ്പാകെ നിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നിൻ്റെ ജനം ജനത്തിന് കിട്ടിയ ഒരു ഒരു സന്ദേശമാണ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക നമുക്ക് ദാവീതിനെപ്പോലെ പറയാം ദൈവമേ ഞങ്ങൾ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു ഞങ്ങൾ നിൻ്റെ മുഖം അന്വേഷിക്കും വേറെ ആരാ അന്വേഷിക്കാനുള്ളത് രാഷ്ട്രീയക്കാരന്വേഷിക്കുമോ നാട്ടുകാരന്വേഷിക്കുമോ ഇല്ല ദൈവജനമാണ് ദൈവത്തിൻ്റെ മുഖം അങ്ങനെയാണ് പ്രമാണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ദേശത്തിന് സൗഖ്യം വരുത്തും ദേശം വിചാരിക്കുന്ന കാലാവസ്ഥ മാറി പ്രശ്നം മാറി പക്ഷെ അതിന് പിന്നിലെന്തുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട് ആ ദേശത്തിൻ്റെ കാവൽക്കാർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവം കാണുകയില്ല പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തും നമുക്ക് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം